is he was he is he ൊൻപതാമത് മന്ത്രം തശേഷോ യുദോദ ന്യമീമിഷിദൈവതം തകൃത ബ്രഹ്മണ എദേശ ഉപമോപദേശ उपमानेन നിരുപമസ്യ ബ്രഹ്മണോ ഇതുവരെ തത്വത്തെ വ്യക്തമാക്കിയതിനു ശേഷം ഇവിടെ പ്രകൃത ആ ബ്രഹ്മത്തെ കുറിച്ചുള്ള ആദേശം ഉപദേശം ഉപമോ ഉപദേശം സാദൃശ്യ ഉപദേശം അതാണ് ഇനി പറയാൻ പോകുന്നത് ആ ബ്രഹ്മത്തെ മറ്റന്നിനോട് സദൃശമാക്കി പറയുന്നു വാസ്തവത്തിൽ നിരുപമസി ബ്രഹ്മണ വാസ്തവത്തിലെ ബ്രഹ്മ ത്തെ മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയില്ല അത് നിരുപമമാണ് സാദൃശ്യരഹിതമാണ്കമാണ് ഏകമായിരിക്കുന്നതിനെ എന്തിനോട് സാദൃശ്യപ്പെടുത്താനാണ് അതിന് തുല്യമായി മറ്റൊന്നുമില്ല രണ്ടാമതൊന്നുമില്ല എങ്കിലും ഉപമാനേന ഉപദേശ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട് ബ്രഹ്മവേകമാണെങ്കിലും പ്രപഞ്ചത്തിൽ ഒരു ജീവന് ശ്രേഷ്ഠമായി അനുഭവപ്പെടുന്നതിനെല്ലാം അതിനോട് ഉപമിക്കാം ആ ശ്രേഷ്ഠമായി അനുഭവപ്പെടുന്ന ഏതോ അത് പോലെയാണ് വിശിഷ്ടമായി ഒന്ന് എന്നെ കണ്ടിട്ട് അത് പോലെയാണ് എന്ന് പറയാം ഏനുപമാനുപദേശ ഏതൊരു സാദൃശ്യത്തിലാണതിന് ഉപദേശിക്കുന്നത് സ്വയം ആ ദേശം അതിനാണ് ഇവിടെ ആദേശം ആദേശം എന്ന് പറഞ്ഞാൽ ഉപദേശം എന്ന് പറയുന്നത് എങ്ങനെയാ ഉപദേശിക്കുന്നു ഇത് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു ഉപാസന എന്ന് പറയുമ്പോൾ വൈദികമായ ഉപാസന ഉപാസന രണ്ടു തരത്തിലുണ്ട് ഒന്ന് ലൗകികം മറ്റൊന്ന് വൈദികം ലൗകികമായ ഉപാസനം നമുക്കറിയാം ഗുരു ഉപാസന ദേവത ഉപാസന പലതരത്തിലുള്ള ഉപാസന രാമനായും കൃഷ്ണനായും ശിവനായും എന്നാൽ ഉപാസിക്കുന്നു ദേവൻ ഈശ്വരൻ ലൗകിക കാരണം അത് ഇതിഹാസ പുരാണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ ലൗകികം എന്ന് പറയുന്നു വൈദികം എന്ന് പറയുമ്പോൾ അത് വേദവുമായി ബന്ധപ്പെട്ടു അങ്ങനെ വേദത്തിൽ നിർദ്ദേശിക്കുന്ന ഉപാസന ലൗകിക ഉപാസനകൾ സ്വീകരിച്ചിരിക്കുന്നവർക്ക് ലൈവമെന്ന് പറഞ്ഞാൽ തന്നെ ലോകവിദുതം ലോകപ്രസിദ്ധം സാധാരണ ജനസിദ്ധം പാമര ജനങ്ങൾക്ക് കൂടി അറിയാവുന്ന അതാണ് ലൗകിക സർവസാധാരണമായിരിക്കുന്നത് വൈദികം അങ്ങനെയുണ്ട് വൈദിക ഉപാസനങ്ങൾ ശരിക്കും വൈദിക ഉപാസന ലൗകികോപാസനകളെപ്പോലെ സർവസാധാരണമായി ഉപദേശിച്ചിട്ടുള്ളതുമല്ല എന്തുകൊണ്ട് വൈദിക വൈദിക ധർമ്മം ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വൈദിക പശ്ചാത്തലമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിത പശ്ചാത്തലം വൈദിക വ്യവഹാരങ്ങളിലെല്ലാം പരിചയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ഈ വൈദിക ഉപാസനങ്ങൾ മനസ്സിലാക്കുന്നു വൈദിക ഉപാസനകൾ പലതും കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ജ്യോതിഷവും പോലെയുള്ള കർമ്മങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉപാസനകളെ മനസ്സിലാക്കാനും പ്രയാസമാണ് വേറെ നിരത്തിൽ പറഞ്ഞാൽ ഷഡ്കർമ്മ നിരതരായവർക്ക് വേണ്ടിയാണ് വൈദികപാസം അടുത്ത ഭാഷയാരും പറയും ഷഡ്കർമ്മത്തെ യജനം യാജനം ദാനം പ്രതിഗ്രഹം അധ്യയനം അധ്യാപനം ഇത് വൈദികമായി ചെയ്ത് അനുഷ്ഠിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു അവരെ കണ്ടുകൊണ്ടാണ് വൈദിക ഉപാസനകൾ നിർദ്ദേശിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാവും നമുക്കില്ലെങ്കിൽ അതൊരു ഒരപൂർവമായി തോന്നും അസാധാരണമായെന്തോ ആണ് പറയുന്നതെന്ന് തോന്നുന്നു നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ ചിന്തകളുമായി പൊരുത്തപ്പെടുന്നതായിരിക്കില്ല ഈ വൈദിക ഉപാസനകളിൽ പലതും നമുക്ക് അസംബന്ധമെന്ന് തോന്നും ശരിയായ വൈദിക പശ്ചാത്തലമുള്ളവർക്ക് ഈ വൈദിക ഉപാസനകൾ ഗ്രഹിക്കാൻ കഴിയൂ അതനുഷ്ഠിക്കാനും പറ്റൂ അതിൻ്റെ ഭാഷ പോലും വേറെയാണ് വേദഭാഷ തന്നെ വൈദികമാണ് ലൗകികമല്ല അങ്ങനെ ഒരു സമൂഹം മുമ്പുണ്ടായിരുന്നു വൈദിക സമൂഹം അതിനാണ് വേദത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആചാരനിഷ്ഠമായ ജീവിതം നയിച്ചിരുന്നവർ അവർക്കിത് മനസ്സിലാകത്തങ്ങനെയുള്ള വൈദികാചാരബദ്ധമായ ജീവിതം നയിക്കുന്നവർ വൈദിക ചിന്ത ഉള്ളവർ അതിന്റെ പതിച്ചുപോയ ഇന്നത്തെ തലമുറയ്ക്ക് ഇത് പിടികിട്ടത്തില്ല കാരണം അതിൽ നിന്ന് ഭ്രംസിച്ചുപോയി ഷഡ്കർമ്മങ്ങളിൽ നിന്ന് ഭ്രംശിച്ചു പോയാ പിന്നെ ഇത് മനസ്സിലാകത്തില്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിടക്കാവുന്നേ ഉള്ളൂ ഇത് മനസ്സിലാകത്തില്ല അധ്യയനം അധ്യാപനം ദാനം പ്രതിഗ്രഹം വ്യജനം വ്യാജനം ഇതെല്ലാം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണനല്ല കേവലം ബ്രാഹ്മണ് അഭിമാനം മാത്രമുള്ള നൂറ് ധാരികൾ അവർക്കത് പിടിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ പറഞ്ഞത് വൈദികധർമ്മത്തെ പരിപാലിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ശൂദ്രന്മാരത് കേൾക്കുമ്പോൾ നെറ്റിച്ചുടുങ്ങിയത് ഇതെന്തായി പറഞ്ഞിരിക്കുന്നു ഇതിനൊക്കെ എന്താ അർത്ഥമുള്ളത് ഇതെങ്ങനെ നടപ്പിലാവും ഇതൊക്കെ പ്രായോഗികമാണോ എന്നൊക്കെ ചോദി ശൂദ്ര ബുദ്ധിക്ക് തെളിയുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഇത് ഒരു അപൂർവത തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ കുഴപ്പമല്ല ഇതിന്റെ തകരാറല്ല എന്ന് മനസ്സിലായിട്ടുള്ളൂ ബ്രഹ്മത്തിനു അത് മിന്നൽ പിണർ പോലെ പ്രകാശിക്കുന്നത് ഇവിടെ ഇന്ദ്രാദികൾക്ക് അങ്ങനെയുള്ള അനുഭവപ്പെട്ടത് യക്ഷണ അവർ കണ്ടു മറഞ്ഞു ഒരു നിമിഷം നേരത്തേക്ക് അപ്രകാശം അനുഭവപ്പെട്ടു അതിൽ വിദ്യുതോ വ്യദ്യുതത് എന്നുള്ള ആ ഭാഷയിൽ വരുന്ന ഒരു തകരാറ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷകാരം പറയുന്നത് വിദ്യുതോ വിദ്യുതത് വിദ്യോദനം കൃതവത് എന്ന് പറയുമ്പോൾ മിന്നൽ അത് അതിനൊരു ഒരു കർമ്മം നടക്കുന്നു അങ്ങനെ ഒരു പ്രകാശം സംഭവിക്കുന്നു അങ്ങനെയെല്ലാം തോന്നുന്നു അതല്ല വരുമ്പോൾ സ്വയം പ്രകാശിക്കുന്നതാണ് മിന്നലും അതിന്റെ പ്രകാശവും രണ്ടല്ല മിന്നലു തന്നെ പ്രകാശം സൂര്യനും അതിന്റെ പ്രകാശവും രണ്ടല്ല സൂര്യൻ തന്നെ പ്രകാശം അങ്ങനെ മനസ്സിലാക്കും പക്ഷെ സൂര്യപ്രകാശവും മിന്നലും തമ്മിൽ വ്യത്യാസമുണ്ട് സൂര്യപ്രകാശം സ്ഥായിയായി നിൽക്കുന്നു മിന്നൽ ക്ഷണികം മാഞ്ഞു പോകും ഇവിടെ അതിനോട് ഉപമിക്കുന്ന എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ അനുഭവപ്പെട്ടു സ്ഥായിയായി നിൽക്കുന്നുണ്ടെന്നുള്ളതാണല്ലോ നമ്മുടെ ഈ ഇത് ഈ കർണങ്ങളെ ആശ്രയിച്ച് അന്തര്യാമി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലൂടെ പ്രകാശിക്കുന്നു ജീവനതിൻ്റെ പ്രകാശമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ാണ് അപ്രകാശം കാണുന്നതുകൊണ്ട് അതിനെ തരുന്നത് അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് പക്ഷെ ആ പ്രകാശം ക്ഷണികമാണ് അപ്രകാശം നമ്മൾ അന്വേഷിക്കത്തില്ല പ്രകാശം ഉണ്ടല്ലോ എന്തിനന്വേഷിക്കുന്നു സൂര്യനെ കണ്ടിട്ട് പിന്നെ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം അത് സ്ഥായിയെ ഇവിടെ നിൽക്കുന്നു ഇതങ്ങനെയല്ല കണ്ടിട്ട് മറയുന്നു അതുകൊണ്ടാണ് ഈ ദേവന്മാരെല്ലാം പോയി കണ്ടു മറഞ്ഞു തിരിച്ചു വന്ന് ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു അത് അന്വേഷിക്കും ഞങ്ങൾ കണ്ടു പക്ഷെ മറഞ്ഞു ഇന്ദ്രൻ പോയി ഇന്ദ്രനും മറഞ്ഞു ഇന്ദ്രൻ ധ്യാനിച്ചു അപ്പൊ ജീവന്റെ ധ്യാനത്തിൽ വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ ധ്യാനിക്കണമെങ്കിൽ എന്തെങ്കിലും തുമ്പ് വേണം ധ്യാനിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം എന്തിനു ധ്യാനിക്കും അതിന്റെ ഉദ്യോധനം അതിന്റെ പ്രകാശത്തെ അതിൻ്റെ അനുഭവപ്പെട്ട് മറഞ്ഞു ധ്യാനിക്കണം അതാണ് ഇവിടെ പറയുന്നത് എങ്ങനെ അനുഭവപ്പെട്ട ആർക്കനുഭവപ്പെട്ടു അസ്ഥിഭാദി പ്രിയ അനുഭവപ്പെടുന്നു പക്ഷേ അത് മറന്നുപോകുന്നു അല്ലെങ്കിൽ അത് സ്വയം മറഞ്ഞു പോകുന്നു രണ്ട് സംഭവിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല അനുഭവപ്പെട്ടതിന്നതാണെന്ന് മനസ്സിലാകുന്നില്ല പറഞ്ഞു പ്രതിബോധവിദിതം പ്രതിബോധവിദിതമെന്ന് പറയുമ്പോൾ തന്നെ അത് അറിയേണ്ടതായും അറിയുന്നതിന് വേണ്ടി അന്വേഷിക്കേണ്ടതായും ഇരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞത് വിദ്യോധനം മിന്നൽ പിണറുപോലെ ഝടിതി പ്രകാശിച്ച് മറയുന്നതാണ് ആ പ്രകാശത്തിന് എന്തിനാഗ്രഹിച്ചത് അതിന്റെ മിന്നലിന്റെ പൂർണമായ പ്രകാശത്തെ തന്നെ ആഗ്രഹിച്ചത് മറഞ്ഞു എന്നുള്ള ഒരു തകരാറിയാണ് അതുപോലെ പ്രതിബോധവിരുതമായിരിക്കുന്ന ഈ പ്രകാശം അത് നിൽക്കുന്നില്ല നിലനിൽക്കുന്നില്ല അതിന് സാക്ഷാത്കാരമെന്ന് പറയാൻ പറയും എന്തോ കണ്ട് മറന്നതുപോലെ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ വഴി ഉപാസിക്കുക ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുക ആ പ്രകാശത്തെ ധ്യാനിക്കുക ആ പ്രതിബോധത്തിൽ ഉള്ള പ്രകാശത്ത് തന്നെ ധ്യാനിക്കുക അതാണ് ഇവിടെ പറയുന്നത് അതാണ് നിർദ്ദേശിക്കുന്നത് ഇന്ദ്രനും അതാണല്ലോ ധ്യാനിച്ചത് ഏത് അതായത് യക്ഷണ കണ്ടോ പുഷൻ മറന്നു നിമിഷാർത്ഥം കൊണ്ടത് മറഞ്ഞ് കഴിഞ്ഞപ്പോ ഇന്ദ്രൻ ധ്യാനിച്ചു എന്നാണ് പറയുന്നു ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം കണ്ടാലേ ധ്യാനിക്കാൻ താൻ കണ്ടതിന് ധ്യാനിച്ചു കണ്ടു മറഞ്ഞതിനെ ധ്യാനിച്ചു അതുതന്നെ ഇവിടെയും പറയുന്നു ആ മിന്നൽ കിണറുപോലെ കണ്ടു മറയുന്ന ഇത് പ്രദക്ഷിണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അറിഞ്ഞ് മറന്നുകൊണ്ടിരിക്കുന്നു അറിയാത്തതാരും ഇല്ല സലവനും അറിയുന്നു ും മറക്കുന്നു അപ്രദക്ഷിണം ഇങ്ങനെ അറിഞ്ഞ് മറന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ ധ്യാനിക്കുക അതാണ് പറയുന്നത് ആയിട്ടുപമാർത്ഥേ വിദ്യുതോ വിദ്യോദനം ഇവ ഒരു ഉപമാ രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു ആ മിന്നൽക്കുണ്ടോ യുദ്ധാസം ശ്രുത്യന്തരീക്ഷ ദർശനമാണ് എങ്ങനെയാണോ അത് ക്ഷണികമായ മിന്നൽക്കിണറുപോലെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ധ്യാനിക്കൂ എന്ന് ശ്രുതി വേറെ ശ്രുതിയിലും പറയുന്നുണ്ട് ഇത് ഇവിടെ മാത്രമല്ല മിന്നലിനോട് ഭൂമിക്കുന്നത് വിദ്യുതി വഹി സഹൃദാത്മാനം ദർശി തിരോഭൂതം ബ്രഹ്മ ഈ ദേവന്മാർക്ക് തന്നെ പ്രകാശിപ്പിച്ചിട്ട് ആത്മാനം ദർശയിക്കുക വിദ്യ ദിവ അമ്മ പോലെ സദർ യോഗം തിരോഭൂതം ബ്രഹ്മ ആ ദേവന്മാരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു അതാണ് ഈ ചിത്തവൃത്തികളുടെ മുമ്പിൽ നിന്നും ഇത് മറഞ്ഞു കളയും അത് അസ്ഥിഭാതിപ്രിയ രൂപത്തിൽ അത് പ്രകാശിക്കുന്നു പക്ഷെ അതെന്താണെന്നും പിടികിട്ടാത്ത തരത്തിൽ അത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു പ്രകാശിക്കുന്ന സമയം തന്നെ അത് മറഞ്ഞിരിക്കുന്നു പിന്നെ ധ്യാനിക്കുകയല്ലാതെ വഴിയില്ല അതുകൊണ്ടിവിടെ ഉപാസിക്കാൻ ആവശ്യപ്പെടുന്നു അഥവാ വിദ്യുതഹത്യ ജയിക്കാഹാരിയും അതാ ഭാഷയും വരുന്ന വ്യത്യാസത്തിന് വേണ്ടി പറയുകയാണ് ആ വിദ്യുത്തിന്റെ തേജസ് പോലെ അതിൽ വിദ്യുത്തൊന്ന് അതിൻ്റെ പ്രകാശം മറ്റൊന്നൊന്നും വരരുത് അതിനുവേണ്ടി വ്യാഖ്യാനിക്കുകയാണ് രണ്ടു ഒന്ന് തന്നെ വിദ്യോതിത ഇവിടെ വിദ്യുതത് ആ ക്ലുത്തമായി ഉച്ചരിക്കുന്നു ആ അതും പ്രധമായിട്ട് ചരിക്കുന്നു ഉപമാർത്ഥത്തിലാണ് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് ആ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലെ എന്നാണ് വിദ്യുതഹ തേജ സകൃത് വിദ്യോതിതവർ ഇവ ഏറ്റിപ്രായം ആ വിദ്യുത് പ്രകാശം ആ തേജസ് അതുപോലെ ഇതിശബ്ദ ആദേശപ്രതിനിർദ്ദേശാർത്ഥം ആ ഉപദേശത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിശബ്ദം എന്നുവെച്ചാൽ ഉപദേശത്തെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്രയും ആദേശം ഇതാണ് ആദേശം ഇതാണ് ഉപാസന എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ശബ്ദ സമുച്ചയർത്ഥം ചാപരത്ത് സ്യാദേശ ഇനി മറ്റൊരു വാസനയുണ്ട് എന്താണോ ഞമീ മിഷ് ഇത് ാണ് മിഷ് നമ്മൾ ചേർത്ത് വായിക്കുന്നു ആ ഇതിഷ് ഇതൊരു അങ്ങനെ അതിനെ ധ്യാനിക്കുക കണ്ടുമറഞ്ഞ പ്രകാശത്തെ അതുപോലെ തന്റെ ഉള്ളിൽ കണ്ടുമറയുന്ന ഈ പ്രകാശത്തെ അതിനെ ധ്യാനിക്കുക എന്നാണ് അതിന്റെ താല്പര്യം യഥാ ചക്ഷർ ഞമീമിഷ നിമേഷം ക്രതവും സ്വാർത്ഥ കണ്ണടച്ചു തുറക്കുന്നതുപോലെ അതിനൊരു പ്രത്യേകതയുണ്ട് മിന്നലിനൊരു പ്രത്യേകതയുണ്ട് മിന്നൽ എന്ത് ചെയ്യുന്നു ഒരു ക്ഷണം പ്രകാശിക്കുന്നു മറയുന്നു പക്ഷേ ആ ക്ഷണത്തിലത് ലോകത്തെ മുഴുവൻ കാണുന്നവന്റെ കണ്ണിന് മുമ്പിലുള്ള സർവത്തെയും അത് പ്രകാശമയമാക്കും ഒരു ക്ഷണമാണെങ്കിലും അതിനാശക്തിയുണ്ട് സർവത്തെയും പ്രകാശമയമാക്കാൻ പറ്റും അതുപോലെയാണ് നമി മിഷത്ത് ഇമപെട്ടെന്ന് ഇമപെട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു സർവത്തെയും തന്റെ ചുറ്റുപാടുള്ള സർവത്തെയും പ്രകാശിപ്പിക്കുന്നു കണ്ണു അടയ്ക്കുമ്പോൾ എല്ലാം അന്ധകാരമായി മാറും തുറക്കുമ്പോൾ എല്ലാം പ്രകാശമായി മാറും ഇമപെട്ടുമ്പോൾ രണ്ട് സംഭവിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ യക്ഷൻ പ്രകാശിച്ചും മറന്നു മിന്നൽ പ്രകാശിക്കുന്നു മറയുന്നു കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനാണ് ഇമവിട്ടതാന്ന് പറയുന്നത് അവിടെയും കുമാർദേവ അകാരം പറയുന്നു ചക്ഷുഷോ വിഷയം പ്രതി തിരോഭവ ഇവ ച കണ്ണെങ്ങനെയാണോ വിഷയങ്ങളെ തുറന്ന് പ്രകാശിപ്പിക്കുന്നത് വീണ്ടും മറയ്ക്കുന്നത് അത് സഹജമായി അനുശൂതമായി നടക്കുന്നുകൊണ്ട് നമ്മൾ അതിന്റെ പ്രകാശത്തെയും മറവിനെയും വേർതിരിച്ചറിയുന്നില്ല പ്രദക്ഷിണ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിബോധവിരുതം എന്ന് പറയുന്ന നമുക്ക് സംശയമുണ്ടാവും അതെങ്ങനെ അത് അറിയുന്നുണ്ടെങ്കിൽ എങ്ങനെ മറയും രണ്ട് സംഭവിക്കുകയാണ് കണ്ണ് ഇമപെട്ടുമ്പോൾ രണ്ട് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നു എന്തിനാണോ കണ്ടത് അത് മറുകയും ചെയ്യുന്നു പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാറുണ്ടോ അതായത് ഞാൻ കണ്ടു ഇത് എന്റെ കണ്ണിൽ നിന്നും മറഞ്ഞു അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി ചിന്തിക്കാറില്ല ചിന്തിക്കേണ്ട ആവശ്യം കാരണം അത് അതിദുരിത സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വെളിച്ചവും ആ മറവും രണ്ടും നമുക്ക് വേർതിരിച്ചറിയാൻ വയ്യ അതുകൊണ്ടാണ് ഈ ആത്മപ്രകാശവും അതിന്റെ മറവും എന്ന് നമ്മൾ വേർതിരിച്ച് ചിന്തിക്കാറ് പ്രതിബോധവിരുദ്ധം എന്ന് പറഞ്ഞത് ഏതെങ്കിലും സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടില്ല സർവജീവന്മാർക്കും ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് സർവ ജീവന്മാർക്കും ഈ ആത്മചൈതന്യം പ്രകാശിച്ചും മറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പക്ഷപാതമില്ല സർവ്വർക്കും ഒരുപോലെയാണ് പക്ഷേ ആരും ഇത് അന്വേഷിക്കുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കുന്നു എന്നരും അറിയുന്നില്ല പ്രതിബോധവിധമൊന്നും ശ്രുതിബോധിപ്പിക്കുകയാണ് സർവ ജീവ അനുഭവ വിഷയമായിരിക്കുന്ന ഇതിനെ എന്തുകൊണ്ടാലും തിരിച്ചറിയുന്നില്ല അതിവിടെ ശ്രുതിബോധിപ്പിക്കുകയാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഇതുപോലെ കണ്ണ് തുറക്കുകയും അടക്കുകയും ചെയ്യുമ്പോൾ ഇത് പ്രകാശിക്കുകയും മറയുകയും ചെയ്യുന്നു നമ്മൾ തിരിച്ചറിയാത്തത് തീർച്ചയായും ഇമപെട്ടാതെ നമുക്ക് കാണാൻ കഴിയില്ല ഇമ്മ വിട്ടുമ്പോൾ പണ്ണ് തുറക്കുന്നത് പോലെ തന്നെ അടയുകയും ചെയ്യുന്നുണ്ട് അതിന് വ്യത്യാസമുണ്ട് എത്ര തുറക്കുന്നു അത്രയും അടയുന്നു എത്ര പ്രാവശ്യം തുറക്കുന്നു അത്രയും പ്രാവശ്യം അടയുന്നു അവിടെ പ്രകാശവും വിരളും രണ്ടു ഒരുപോലെയാണ് പക്ഷെ വേറെ കഴിയുന്നില്ല അതിനെ ചിന്തിക്കുന്നില്ല അതിനെ ചിന്തിക്കേണ്ട ആവശ്യവും കാണുന്ന വസ്തുക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്താണെന്ന് ഇമപെട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അതുപോലെ ജീവന്മാർക്ക് ഈ പ്രകാശവും ഇതിന്റെ മറവും അത് ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല അതിന്റെ ആവശ്യം വരുന്നില്ല സഹജമായിട്ട് അല്ലെങ്കിൽ അത് അതിദുരിതമായി ഇമവെട്ടതുപോലെ അതുകൊണ്ടത് ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല ബോധപൂർവ്വമാരും ഇതെന്താണെന്ന് അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് ഈ പ്രതിബോധവിരുദ്ധമായിരിക്കുന്ന ഈ ആത്മപ്രകാശം സർവജീവസാധാരണമായിരുന്നിട്ടും ആരും ഇതിനെ അറിയാൻ ശ്രമിക്കുന്നില്ല അസാധാരണമായി പോയതുകൊണ്ട് തന്നെ സർവ്വ അനുഭവ വിഷയമായതുകൊണ്ട് തന്നെ വിശേഷിച്ച് അനുഭവിക്കേണ്ടി വരുന്നില്ല അറിയേണ്ടി വരുന്നില്ല അതുകൊണ്ട് പറഞ്ഞു അതുപോലെ അപ്പോ മിന്നൽപ്പിന്നാദ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ പ്രകാശം ഉള്ളിലിരിക്കുന്ന പ്രകാശം അനായാസമായി സർവത്തെയും പ്രകാശിപ്പിക്കുന്നു അതുപോലെയാണ് ഇവിടെ പറയുന്ന ്രഹ്മത്തും കണ്ണിന്റെ കണ്ണായിരിക്കുന്നതും മനസ്സിന്റെ മനസ്സായിരിക്കുന്നതുമായ ബ്രഹ്മതത്വം എന്നാണ് മുമ്പ് പറഞ്ഞത് മറ്റേതെങ്കിലും ഒന്നിനോട് ഭൂമിച്ചല്ല പറഞ്ഞു പറഞ്ഞത് കണ്ണിന് കണ്ണായിരിക്കുന്നതാണ് മനസ്സിന് മനസ്സായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഒന്നിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞു ഇന്നത് പോലെ എന്ന് പറഞ്ഞല്ല പ്രതിബോധവിരുദ്ധം എന്ന് പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ അത് നിരുപാധികമായി വെളിപ്പെടുത്തുകയാണ് സർവോപാധികളെയും നിഷേധിച്ചിട്ട് വെളിപ്പെടുത്തുകയാണ് ആ സർവോപാധികളെയും നിഷേധിച്ചു വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് നിർഗുണബ്രഹ്മം അവിടെ എന്തെങ്കിലും ഒരു ഗുണത്തെ ആരോപിച്ച് പറയുകയാണ് ഇവിടെ എങ്ങനെയല്ല ആ മിന്നലിന്റെ പോലെ മുന്നപ്പിണ പല സവിശേഷതകളെന്താണോ അത് ക്ഷണികമാണെങ്കിലും സർവത്തെയും പ്രകാശിപ്പിക്കുന്നു ഉന്മേഷങ്ങളെപ്പോലെ എന്ന് പറയുമ്പോൾ അത് അനായാസമായി സംഭവിക്കുന്നു അനായാസമായി പ്രകാശിപ്പിക്കുന്നു അതിലൂടെ പല ഗുണങ്ങളെയും വെളിപ്പെടുത്തുകയാണ് ഈ ഗുണങ്ങൾ മുമ്പ് വെളിപ്പെടുത്തിയ ആ പരമാർത്ഥ തത്വത്തിലുണ്ടെന്ന് പറയുകയും ഈ അനായാസത ഉള്ള ഒന്നാണത് ഈ പ്രകാശനം ഉള്ള ഒന്നാണത് എന്നിങ്ങനെ പറയുകയും ഇതൊക്കെ ചില സവിശേഷതകളാണ് അതാ മുമ്പ് പറഞ്ഞ തത്വത്തിൽ ആരോപിക്കുമ്പോൾ അതിന് നമ്മൾ പറയും സഗുണബ്രഹ്മം ചില ഗുണങ്ങൾ എവിടെ ആരോപിക്കുകയും അപ്പം നിർഗുണമായി ആ തത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ അതിലേക്ക് ആരോപിച്ചിട്ട് അതിനെ ധ്യാനിക്കുക അതാണ് സകുണോപാസന വൈദികമായ സകുണോപാസന എന്ന് പറയുന്നു ആ ഗുണങ്ങൾ എങ്ങനെയാണോ മിന്നൽ പിണർ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു ഭൂമിയെയും ആകാശത്തെയും പ്രകാശിപ്പിക്കുന്ന അതുപോലെ ഇത് ജ്യോതിസ്വരൂപമാണ് ജ്യോതിസ്വരൂപമാണെന്ന് അതിനെ ധ്യാനിക്കുക അതുപോലെയുള്ള ഒരു ജ്യോതിഷ കാണുന്ന എന്റെ കണ്ണിനെ ആ കണ്ണിന്റെ പ്രഭയെ ജ്യോതിഷിനെ നിഷ്പ്രഭമാക്കുന്ന ജ്യോതിഷി എന്നതിനെ ധ്യാനിക്കുക അതിലോരോ ഗുണങ്ങളെ എടുത്തിട്ട് ആ ഗുണം ഉള്ള ഒന്നാണ് പരമാത്മാവ് എന്ന് ധ്യാനിക്കുക അങ്ങനെ ചിന്തിക്കുക ധ്യാനം എന്നു വരുമ്പോൾ ഏകാഗ്രമായ ചിന്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ എന്താണ് കണ്ണടച്ച് തുറക്കുന്നതുപോലെ ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവൻ അതിൻ്റെ ഒരു ഗുണമാണ് അനായാസമായി സഷ്യസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അത് ആ പരമാത്മ തത്വത്തിന്റെ ഗുണങ്ങളാണ് സവിശേഷതകളാണ് അങ്ങനെ അതിനെ കുറിച്ച് ചിന്തിക്കുക കാരണം ഇത് ചിന്തയ്ക്കെത്താത്ത സ്ഥാനമാണ് മനസ്സോ മനോയത്വം എന്ന് പറയുന്നത് ചിന്തയിലൂടെ അതിനെ സമീപിക്കാൻ ശ്രമിക്കുകയാണ് ചിന്തയിൽ അതിന് ഇത്തരം സാധാരണമായ ഗുണങ്ങളെ കല്പിച്ച് സമീപിക്കാൻ പറ്റും അങ്ങനെ അസാധാരണമായ ഗുണങ്ങളെ കല്പിക്കുമ്പോൾ അത് സഗുണമായി നമ്മൾ കൽപ്പിക്കുന്ന ഗുണത്തോടു കൂടിയവയായി ജീവൻ കൽപ്പിക്കുന്ന ഗുണങ്ങളോട് കൂടിയവയായി അനായാസമായി സൃഷ്ടിസ്ഥിതി സംഹാര വ്യവഹാരങ്ങൾ ചെയ്യുന്നു ആ പരമാത്മതം കാണുന്നതെല്ലാം അതിൽ നിന്നാണല്ലോ ഉണ്ടായത് അത് ഇത്തരത്തിലാണ് ഉണ്ടായത് അതാണ് ഉപമാപദേശം അപ്പൊ അത് ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും എളുപ്പമുള്ളതാണ് സർവ്വൈശ്വര്യങ്ങളും നിലനിൽക്കുന്നതാണ് അതാണ് പരമേശ്വരൻ ആ പരമേശ്വരനെ ധ്യാനിക്കുക ഗുണങ്ങളിലൂടെ ധ്യാനിക്കുക അതാണ് വൈദികമായ സഗുണ നിർഗുണഭാവങ്ങളെന്ന് പറയുന്നു നിർഗുണമെന്ന് പറയുമ്പോൾ അവിടെ സർവ്വൈശ്വര്യങ്ങളെയും നിഷേധിക്കുന്നു സഗുണമെന്ന് പറയുമ്പോൾ അവിടെ കൽപ്പിക്കുന്നു അത് ചില ഉപ്പമകളിലൂടെ മനസ്സിലാക്കിത്തരുന്നു അത് ജീവനിൽ നിന്നും വിലക്ഷണമാണെന്ന് കാണിക്കാം ജീവനും കർമ്മം അനായാസമല്ല ക്ലേശകരമാണ് ഈശ്വരൻ അങ്ങനെ ആകാൻ വഴിയില്ല സർവപ്രപഞ്ചകർത്താവായിരിക്കുന്ന ഈശ്വരൻ ജീവ തുല്യമാകാൻ പാടില്ല ജീവന്റെ ക്ലേശം ക്ലിഷ്ടത കർമ്മത്തിന് ഈശ്വരന് വരാൻ പാടില്ല അത് അനായാസമായി സംഭവിക്കുന്നു ഉന്മേഷനിമേഷത്തെ പോലെ അത് ജ്യോതി സ്വരൂപമാണ് ജീവനെ പോലെ ജ്ഞാനാജ്ഞാനങ്ങളിലൂടെ കടന്നു പോകുന്നവനല്ല കേവല ജ്യോതിസ്വരൂപമാണ് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഇത് മാത്രമല്ല ഇങ്ങനെ നിരവധി ഗുണങ്ങൾ അതിനെല്ലാം ചേർത്ത് ജീവവിലക്ഷണം എന്ന് പറയും ജീവനും കാണാത്തത് ജീവനിൽ നിന്നും ഭിന്നമായിട്ടു അനേക അനേക ഗുണങ്ങളെ ഈ ഉപമകളിലൂടെ കാണിക്കുന്നു എന്നിട്ട് ആ ഗുണങ്ങളുള്ളവനാണ് ഈശ്വരൻ എന്ന് ധ്യാനിക്കുന്നത് അങ്ങനെ ധ്യാനിക്കുക ആരോട് പറയുന്നു മുമ്പ് പറഞ്ഞ ആ തത്വത്തിലൂടെ പരമാത്മസാക്ഷാത്കാരം സാധിക്കുന്നില്ല എങ്കിൽ ഈ ഗുണങ്ങളിലൂടെ അതിനെ ധ്യാനിക്കുക അത് ഭാഷകാലം പറയും ആ തത്വത്തെ ശ്രുതി വെളിപ്പെടുത്തിയേക്കോ അത് ഉള്ളിൽ ഒരുവനും വെളിപ്പെടുന്നില്ലെങ്കിൽ അതിനെ പറയും അത് മന്ദബുദ്ധിയാണെന്ന് പറയും നമ്മൾ സാറിന് പറയുന്ന മന്ദബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല ഒരാളെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ പറയും മന്ദബുദ്ധി ആ അർത്ഥത്തിലല്ല ശ്രുതി വെളിപ്പെടുത്തിയ തത്വം ഉൾപ്രകാശിക്കുന്നില്ല എന്തുകൊണ്ട് എന്തോ ചില പ്രതിബന്ധങ്ങൾ അപ്പം ആ പ്രതിബന്ധങ്ങൾ ഒഴിയണമെങ്കിൽ അവിടെ ധ്യാനിക്കണം എങ്ങനെ ഇത്തരം ഗുണങ്ങളോടുകൂടി ധ്യാനിക്കണം അങ്ങനെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നു അത് വൈദികമായ ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഈ വൈദികമായ ഉപാസനകൾ പൗരാണികമായി മാറിയതാണ് നമ്മൾ ശിവനും വിഷ്ണുവും ദേവനും ദേവിയും ഒക്കെയായിട്ട് ധ്യാനിക്കുന്നത് ഉപാസിക്കുന്നതും അങ്ങനെ രൂപാന്തരം സംഭവിച്ചതാണ് ഇത് ബ്രാഹ്മണന് വേണ്ടി പറഞ്ഞത് മറ്റത് ശൂദ്രന് വേണ്ടി പറഞ്ഞത് എന്നുള്ള വ്യത്യാസമാണ് ഈ രീതിയിലുള്ള ഉപാസന അത്രയും സംസ്കൃത ചിത്തനായൊരുവിനുവേണ്ടി പറഞ്ഞു മറ്റുള്ളത് അസംസ്കൃത ചിത്തന്മാർക്ക് വേണ്ടി പറഞ്ഞു ഫാമരന്മാർക്ക് വേണ്ടി പറഞ്ഞു ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണ് സാറിന് പറയുന്നത് പുരാണ ഇതിഹാസങ്ങളെല്ലാം ശൂദ്രന്മാർക്ക് വേണ്ടി എഴുതിയതാണ് വേദം ബ്രാഹ്മണന് വേണ്ടിയാണ് പറയുന്നത് സംസ്കാരത്തെയും മാലിന്യത്തെയും കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ വിഭജിച്ചിരിക്കുന്നത് ഇത്യാദി ദൈവതം ദേവതാ വിഷയം ഉപമാന ദർശനം ഇതാണ് ഉപമാന ദർശനം ഉപാസന ദൈവതാ വിഷയം എന്ന് പറഞ്ഞാൽ സഗുണഭ്രമ ഉപാസന ഇത്തരം ഗുണങ്ങളോടുകൂടി ഈ വേദവാക്യങ്ങളിലൂടെ വിവക്ഷിക്കുന്ന ആ ഗുണങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ആ ഗുണങ്ങളോടുകൂടി ഈശ്വരനെ ധ്യാനിക്കുക അതിദൈവതമായ ദൈവത ഉപാസന എന്ന് യുദ്യുതീമിഷദ്ധിത അധ അധ്യാത്മം ആദിൈവികമായ ഉപാസന ഒന്ന് ആധ്യാത്മികമായ ഉപാസന വേറൊന്നു ആതിദൈവികമായ ഉപാസനയാണ് പറഞ്ഞത് ദേവതാവിഷയമായ ഉപാസന ആ ആതിദൈവികമായ ഉപാസനയാണ് നമ്മൾ ഈ പറയുന്ന പരമാത്മതത്വത്തെ ശിവൻ വിഷ്ണു നാരായണൻ നാരായണി എന്നെല്ലാം പല പേരുകളിൽ ഉപാസിക്കുന്നു ആ ജീവന്റെ ഭാവങ്ങളോട് താരതമ്യപ്പെടുത്തി അതാണ് ഇവിടെയും പറഞ്ഞത് പ്രപഞ്ചാനുഭവങ്ങളോട് താരതമ്യപ്പെടുത്തി പ്രപഞ്ചാനുഭവത്തോട് താരതമ്യപ്പെടുത്തിയാണ് മിന്നലെന്നെ പറഞ്ഞത് അതുപോലെയുള്ളത് പ്രകാശം പ്രകാശരൂപത്തിൽ സകറ്റ് വിദ്യു ജീവന്റെ ഭാവങ്ങളോട് താതാന്യപ്പെടുത്തി എങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതുപോലെ അത് തന്നെ ആ ഉപാസനം പുരുഷനായും അല്ലേ ദേവന്മാരെ ഉപാസിക്കുന്നു ദേവിയും ഉപാസിക്കുന്നു ജീവനിലാ ഭേദമുണ്ട് ജീവനിൽ സ്ത്രീ പുരുഷഭേദമുണ്ട് അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുന്നു ഈശ്വരനും സ്ത്രീ പുരുഷഭേദത്തെ കല്പിക്കുന്നു ഈശ്വരൻ പുരുഷനോ സ്ത്രീയോ ആണോ ഈശ്വരനും പുരുഷഭാവങ്ങളെ വർണ്ണിക്കുന്നു അതുപോലെ സ്ത്രീഭാവങ്ങളെയും വർണ്ണിക്കുന്നു ആ വർണ്ണനകളെ ധ്യാനിക്കുന്നു ഇതെല്ലാം ഉപാസനയാണ് വാസ്തവത്തിൽ ഇതെങ്കിലും അവിടെ ഉണ്ടായിട്ടാണോ പിന്നെ അതുപോലെ നാമങ്ങൾ അടുത്ത നാമത്തെക്കുറിച്ച് പറയും പല പല പേരും പല ഭാഷകളും പറയുന്നു ഇതെന്തെങ്കിലും വാസ്തവത്തിൽ അവിടെ ഉണ്ടായിട്ടോ ഒന്നുമല്ല ജീവനിൽ കാണുന്ന ഭാവങ്ങൾ അതാണ് ആധ്യാത്മിക ഭാവങ്ങൾ ഈ ഭാവങ്ങളിൽ ശ്രേഷ്ഠമായതിന് അങ്ങോട്ട് ആരോപിക്കുന്നു തനിക്ക് ശ്രേഷ്ഠമെന്ന് തോന്നുന്ന ആ തത്വത്തിൽ ആരോപിക്കുന്നു എന്തിനാ മനസ്സ് നിൽക്കാൻ വേണ്ടി ദേവന് സൗന്ദര്യമുള്ളവനായി സങ്കല്പിക്കുന്നു ദേവിയെ സൗന്ദര്യമുള്ളവളായി സങ്കല്പിക്കുന്നു എന്തുകൊണ്ട് സൗന്ദര്യത്തിൽ മനസ്സ് നിൽക്കും അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ബഹുശോഭനത്തമാണ് ശോഭനമായാലും മനസ്സിക്കും അതുകൊണ്ട് ആ ശോഭനത അവിടെ കൽപ്പിക്കുന്നു എന്നിട്ടതാണ് പരമമായ തത്വം എന്നിങ്ങനെ ധ്യാനിക്കുന്നു അതെല്ലാം ആധ്യാത്മികമായ ഭാവനാത്മകമായ അനുഷ്ഠാനങ്ങൾ മാത്രമാണ് തത്വം ഒന്നു മാത്രമേ ആണ് അത് മനസ്സോ മനോയ വാചോഹോ വാചം അത് പറഞ്ഞു കഴിയും പക്ഷെ ഗ്രഹിക്കുന്നില്ല ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണോ തന്റെ അനുഭവങ്ങൾ ആ തന്റെ അനുഭവങ്ങളോട് അതിന് യോജിച്ച രീതിയിൽ ധ്യാനിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ ഇതെല്ലാം അവസാനം അവസാനമെന്തോ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഇതാണ് പരമാർത്ഥം പരമാർത്ഥത്തെ ബോധിക്കുന്നില്ലെങ്കിൽ പരമാർത്ഥം ആയിക്കൊള്ളണമെന്നില്ല അതിലൂടെ പോയാലും മതി പരമാർത്ഥത്തിൽ എത്തിച്ചേരുന്നു അതാണ് അടുത്ത് അത് അനന്തരം അധ്യാത്മം പ്രത്യേകാത്മവിഷയ ആദേശം വെച്ചത് ആതിദൈവികമായ ഉപാസനകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ദേവതാസങ്കല്പങ്ങളിലൂടെ സർമാത്മ തത്വത്തെ ഭജിക്കുന്നു അതാണ് അതിനാണ് കല്പിതമായ സ്ത്രീ പുരുഷ ഭേദങ്ങളിലാണ് തത്വത്തെ ധ്യാനിക്കുന്നത് അതിന്റെ രണ്ടും അതിന്റെ സാങ്കത്യവും അസാങ്കത്യവും രണ്ടും ബോധ്യപ്പെടുത്തുകയാണ് അത് അസംബന്ധമെന്നല്ലേ പറയുന്നത് അതിൽ ഉള്ള വസ്തുത ഇത്രയാണോ ഇത്ര മാത്രമാണോ ഇത്രയേ ഉള്ളൂ പരമാർത്ഥം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ പ്രത്യേകാത്മവിഷയമായ ആ ദേശത്തെ കുറിച്ച് പറയുന്നു എന്തിനാ പറത് പറയുന്നത് മനുഷ്യന്റെ രുചി ഭേദമനുസരിച്ച് വാസനാഭേദമനുസരിച്ച് ഈശ്വരൻ സ്ത്രീ പുരുഷ ഭേദങ്ങളില്ലാത്തവനാണ് ഈശ്വരനകത്ത് തന്നെ ഉണ്ടോ എന്നാൽ ചിലർക്കിഷ്ടം അതിനെ പുരുഷനായി ഭാവിക്കുന്നതാണ് ശരി അത് വാസന ഇഷ്ടം ചിലക്ക് സ്ത്രീയായി ഭാവിക്കുന്നതാണ് ഇത് ഉപാസന ഇഷ്ടം അതിർക്കമ്മഞ്ഞ അതിനകത്തൊന്നുമില്ല തത്വത്തിലാ ഭേദമില്ല പക്ഷേ അതിൻ്റെ ഇഷ്ടത്തിലാഭേദമുണ്ട് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അതനുസരിച്ചുള്ള ഉപാസന സമ്പ്രദായങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നു അതാണ് ആതിദൈവികമായ ഉപാസന അതിനെ കുറിച്ചാണ് പറഞ്ഞത് അത് ഏത് ഭാവത്തിനുമാകാം അതിന്റെയുമായി അവനവന്റെ ഇഷ്ടം തന്നെ മനസ്സേതിലാണോ നിൽക്കുന്ന അത് തനിക്ക് ശോഭനതമമാണെന്ന് തോന്നുന്ന എന്തോ ആ ഭാവത്തിൽ ഉപാസിക്കുക തത്വത്തെ ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിൽ എന്നുകൂടി പറയും തത്വഗ്രഹണത്തിന് അസമർത്ഥനാണെങ്കിൽ കുറച്ചുകൂടി ആത്മനിഷ്ഠമായ വാസിനെക്കുറിച്ച് പറഞ്ഞു അത് ഏതെങ്കിലും ഒന്ന് ശ്രേഷ്ഠമോ മറ്റൊന്നും നികൃഷ്ടമോ എന്നുള്ള അർത്ഥത്തിലല്ല അധികാരിഭേദമനുസരിച്ച് ചിലർക്ക് ഈ ദേവി ദേവഭാവനകളോടൊന്നും താല്പര്യം തരത്തില്ല ഏത് ദേവൻ ഏത് ദേവൻ അത്തരം കൽപ്പനകളിൽ അവരുടെ മനസ്സ് നിൽക്കത്തില്ല അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ശരി അത് വേണ്ട ആത്മനിഷ്ഠമായി തന്നെ ചിന്തിക്കുക ഉപാസിക്കുക ധ്യാനിക്കുക എങ്ങനെ ഗച്ഛമ്മ ബ്രഹ്മഠൌഖ ദൈവ വിഷയീകരോ ദൈവ യഥാ അനേന മനസ്സ ഏതദ് ബ്രഹ്മ ഉപസ്മരതി ब्रह्मविषयो സാധകം സങ്കൽപ്പിച്ച പ്രത്യേക ബ്രഹ്മണോ ആധ്യാത്മ आदेशो സർവവ്യാപിയായിരിക്കുന്ന ആ പരമാത്മതത്വം അത് തൻ്റെ ഉള്ളിൽ ഇരിക്കണം സൃഷ്ടിസ്ഥിതി സംഹാര കർത്താവായി സർവേശ്വരനായി സ്ഥിതി ചെയ്യുമ്പോൾ ആ സർവേശ്വര ഭാവനയിൽ അതിനെ ഉപാസിക്കാം മറിച്ച് അത് തന്നെയാണ് തൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അതെങ്ങനെ മനസ്സിലാകുന്നു ഈ മനസ്സ് ഠൗക്കതെയുക വിശയീകര ഈ മനസ്സ് സദാ അതിനു നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശത്തെ കാണുമ്പോൾ ഈയാമ്പാറ്റുകൾ അതിന് നേരെ പോകുന്നു അതുപോലെ മനസ്സിന്റെ ഓരോ വൃത്തികളും ഈ പ്രകാശത്തിന് നേരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനുവേണ്ടി ഈ പ്രകാശത്തെ സ്വീകരിക്കാൻ ഈ മനസ്സ് പ്രകാശിക്കുന്നത് എന്നെന്റെ പ്രകാശം കൊണ്ടാണ് അതാണ് വിഷയീകരോ ദീവ മനസ്സിന് വിഷയമാക്കുന്നത് പോലെ മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു ഒരു പദാർത്ഥം ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതായിട്ട് നമുക്കറിയാം ഇത് എന്തിനാണ് പ്രകാശിപ്പിക്കുന്നത് അങ്ങനെ എന്തിന്റെ പ്രകാശമാണ് ഇതിലൂടെ അനുഭവപ്പെടുന്നത് അഗ്നിയുടെ മുമ്പിൽ ഒരു കണ്ണാടി എടുത്ത് പിടിച്ചാൽ ആ കണ്ണാടിയിൽ കാണുന്ന പ്രകാശവും ആ കണ്ണാടിയിൽ അനുഭവപ്പെടുന്ന ഉഷ്ണവും അത് ഏതിൻ്റെയാണ് അതുപോലെ ഈ ബ്രഹ്മചൈതന്യത്തിന്റെ സമീപത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ മനസ്സ് ഈ മനസ്സിൽ അനുഭവപ്പെടുന്ന അസ്ഥിബാധിക്രിയങ്ങളെല്ലാം സത്യദാനന്ദം അത് ഏതിൻ്റെയാണ് അപ്പോൾ അത് ഏതെന്തിനെയോ പ്രതിഫലിപ്പിക്കുകയാണല്ലോ അതാണ് ഇവിടെ വിശീകരിക്കുകയാണ് മറ്റൊരു പ്രകാശത്തിന്റെ പ്രകാശത്തെ അത് പ്രതിഫലിപ്പിക്കുന്നു മറ്റൊരു തത്വത്തിന്റെ ഉണ്മയെ അത്ബിംബി പ്രതിഫലിപ്പിക്കുന്നു അതുപോലെ ആനന്ദത്തെ ആനന്ദ സ്വരൂപമായിരിക്കുന്നു എന്നിൻ്റെ ആനന്ദത്തെ അത് പ്രതിഫലിപ്പിക്കുന്നു അപ്പോൾ ഇതിനെ ധ്യാനിക്കാം അത് ധ്യാനിക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ബാഹ്യമായ ദേവി ദൈവസങ്കൽപ്പങ്ങൾ മനസ്സിന് താൽപ്പര്യമില്ല ആന്തരികമായ ഭാവങ്ങളിൽ മനസ്സിന് ഉറപ്പിക്കുക ആന്തരികമായി അനുഭവപ്പെടുന്ന ഭാവങ്ങൾ അത് ഈ മനസ്സെന്തിനെയാണ് വിശദീകരിക്കുന്നത് ഈ മനസ്സെന്തിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഈ മനസ്സിലൂടെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെയാണ് അത് മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ആ തത്വത്തെ തന്നെ ഇതാധ്യാത്മം ഈ ജീവനെ സംബന്ധിക്കുന്നത് ഈ ജീവാത്മാവിനെ സംബന്ധിക്കുന്നത് അതിനെ ധ്യാനിക്കുക അതാണ് അനേന മനസ്സായത് ബ്രഹ്മോപസ്മരതി സമീപത സ്മരതി ഈ മനസ്സ് സദാ ഇതിനെ ഇതിന്റെ സമീപത്തിൽ ഇതിനെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് മനസ്സിന്റെ ചൈതന്യം സാധക അഭീഷണം സങ്കല്പശ മനസ്സോ ബ്രഹ്മവിഷയവും മനസ്സ് നിരന്തരം ഇതിനെ സങ്കല്പിക്കുന്നു എന്നുവെച്ചാൽ മനസ്സ് സദാ ഇതിന്റെ പ്രതിഫലനത്തെ ഏറ്റുവാങ്ങി നിൽക്കുകയാണ് മനസ്സ് മനസ്സ് ഉണർന്നിരിക്കുന്നു എപ്പോഴെങ്കിലും അതിന് പ്രകാശിക്കാതിരിക്കാൻ കഴിയും അതിന് പ്രകാശിക്കാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മനസ്സുറങ്ങണം അവിടെ മനസ്സ് പ്രകാശിക്കുന്നു മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്നു ഉണർന്നിരിക്കുമ്പോൾ ഈ മനസ്സ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്റെ ഈ പ്രകാശം അതെന്തിനും ബോധിപ്പിക്കുന്നു മനസ്സിന് പ്രകാശം പകരുന്ന ബ്രഹ്മത്തെ ബ്രഹ്മ വിഷയോ മനോപാധികത്വ മനസ്സാകുന്ന ഒരു ഉപാധിയിലൂടെ അത് പ്രകാശിക്കുന്നു അഗ്നിയുടെ സമീപത്തിലുള്ള കണ്ണാടിയിലൂടെ അഗ്നി പ്രകാശിക്കുന്നതുപോലെ അഗ്നിയുടെ സമീപത്തിലൂടെ ആ കണ്ണാടിയിൽ അഗ്നിയുടെ ഉഷ്ണം വ്യാപിക്കുന്നത് പോലും സൂര്യന്റെ ഉഷ്ണം ജലത്തിൽ വ്യാപിച്ച് ജലത്തെ അത് ചൂടാക്കുന്നതു പോലും ഇത് സ്പഷ്ടമാണല്ലോ എല്ലാം ഇനി പ്രകാശ ഉഷ്ണവും എവിടെ നിന്ന് ലഭിക്കുന്നു ഈ മനസ്സിൽ ഈ സച്ചദാനന്ദ എവിടെ നിന്ന് വരുന്നു മനോപാധി തത്വാ മനസ്സാകുന്ന അത് പ്രകാശിക്കുന്നതുകൊണ്ടാണോ അത് മനസ്സിനെ നിലനിർത്തുന്നത് കൊണ്ടാണോ ഇപ്പൊ ജീവൻ അവൻ ചിന്തിക്കുന്ന ഈ മനസ്സ് ഈ മനസ്സ് അവൻ കരുതുന്നത് എന്താണോ ഈ ആത്മഭിന്നമായ വസ്തുക്കളെയാണ് അവൻ ചിന്തിക്കുന്നതെന്ന് ശബ്ദസ്പർശ രൂപ ഗന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അവൻ ധരിച്ചിരിക്കുന്നു അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലൂടെ ശബ്ദസ്പർശ രൂപ ഒരു ബന്ധങ്ങളെയാണ് വിഷയങ്ങളെയാണ് എന്നാണ് പക്ഷെ വാസ്തവം അതല്ല ഈ മനസ്സ് സച്ഛദാനന്ദത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത് സച്ചിദാനന്ദത്തിന്റെ ഉപാധിയാണ് അതുകൊണ്ടാണ് മനസ്സിലൂടെ അത് അപ്പോൾ ആ ഉപാസിക്കുക ധ്യാനിക്കുക എളുപ്പമാണ് ഈ മനസ്സിന്റെ പ്രകാശം അതിന്റെ പ്രകാശമാണ് എന്ന് ധ്യാനിച്ചാൽ മനസ്സങ്കസ്മൃത്യാദി പ്രത്യേകിച്ച് അഭിവ്യഞ്ജ്യതേ ആ സച്ചിദാനന്ദം മനസ്സിന്റെ സങ്കല്പങ്ങൾ സ്മൃതി തുടങ്ങിയ നൂറ് നൂറ് മനസ്സിന്റെ ആ പരിണാമങ്ങളിലൂടെ അത് പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ മനസ്സിലൂടെ പ്രകടമാകുന്നത് അത് തന്നെ ആ പരബ്രഹ്മം നിർഗുണബ്രഹ്മം എന്ന് ധ്യാനിച്ച മനസ്സിലൂടെ പ്രകടമാകുന്നതിന് മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കുന്നു അതാണ് ആധ്യാത്മിക ഉപാസന മനസ്സ് തന്നെ ധ്യാനിക്കുന്നവൻ മനസ്സിനെ തന്നെ ധ്യാനിക്കുന്നു ഇവിടെ ധ്യാനിക്കുന്ന മനസ്സിനെ തന്നെ എന്തുകൊണ്ട് മനസ്സെന്ന് പറയുമ്പോൾ ഈ ചിന്മയമായിരിക്കുന്ന സന്മയമായിരിക്കുന്ന ആനന്ദമയമായിരിക്കുന്ന മനസ്സ് അല്ലാത്തൊരു മനസ്സിനെ നമുക്ക് ആരും കണ്ടിട്ടില്ല പ്രകാശമയമല്ലാത്തൊരു മനസ്സ് അങ്ങനെയൊരു മനസ്സില്ല അപ്പോൾ ആ മനസ്സിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ അതിൽ നിന്നും മനസ്സിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്തതാണ് അതാ തത്വം തന്നെ പ്രകാശ രൂപത്തിൽ മനസ്സിന് അനുഭവപ്പെടുന്നത് അപ്പോൾ മനസ്സിനെ തന്നെയാണ് ധ്യാനിക്കുന്നത് മനസ്സിനെന്തോ ധ്യാനിക്കുന്നു സച്ചിദാനന്ദമായി ധ്യാനിക്കുന്നു എന്തുകൊണ്ട് അത് സച്ചിന്മയമാണ് മനസ്സ് ആനന്ദമയമാണ് മനസ്സ് പറയുന്നു ബ്രഹ്മ വിഷയീക്രിയമാണ് മിവ അതാ ബ്രഹ്മത്തെ വിഷയമാക്കുന്നത് പോലെ പോലെ നിന്ന് എന്തുകൊണ്ട് പറയുന്നു ഉപാസനയാണ് അതൊരു സാക്ഷാത്കാരമെന്ന് ഉപാസനയ്ക്ക് അപ്പുറമാണ് സാക്ഷാത്കാരം ഉപാസന ഒരു സാധനയാണ് അവിടെ ഉപാസത്തിന് പറയാൻ കഴിയില്ല ഞാനിത് ആ സാക്ഷാത്കരിച്ചിരിക്കുന്നു അത് പറയാൻ കഴിയില്ല പക്ഷെ അവനറിയാം ഇത് ആ സച്ചിദാനന്ദം തന്നെ സച്ചിദാനന്ദമാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ആ സച്യദാനന്ദത്തെ മനസ്സിന് എത്തിപ്പിടിക്കാൻ പക്ഷെ മനസ്സിൽ ആ സച്ചിദാനന്ദമുണ്ട് അതിനെ മനസ്സിന് പിന്തുടരാൻ കഴിയും അതാണ് മനസ്സ് അതിൽ നിന്നും പിന്തിരിയുന്നുവെന്നും മനസ്സ് അതിനെ തന്നെ വിഷയമാക്കുന്നു രണ്ടും പറയുന്നു പരസ്പര വിരുദ്ധം പോലെ തോന്നുന്ന രണ്ട് കഴിയുന്നു രണ്ട് ശരിയാണ് മനസ്സതിൽ നിന്നും പിന്തിരിയുന്നു മനസ്സിനവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല പക്ഷേ ആ മനസ്സ് സച്ചിദാനന്ദ സ്വരൂപം തന്നെ ആ സച്ചിദാനന്ദം അതിന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം മനസ്സുകൊണ്ട് ആ സച്ചിദാനന്ദ മയമായിരിക്കുന്ന മനസ്സിനെ ധ്യാനിക്കുന്നു അങ്ങനെ ധരിച്ചടയരുത് നമ്മൾ പരമാർത്ഥ തത്വത്തെ ധ്യാനിച്ചുകൊണ്ട് നിരുപാധികമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ ധ്യാനിക്കാൻ കഴിയില്ല കാരണം മനസ്സിനുടെ പ്രവേശനം ഉപാസന സ്വാഭാവികമായ ഒന്നിനെ സാധ്യമാവും മനസ്സിന് പ്രവേശിക്കാൻ കഴിയുന്നിടത്തെ ഉപാസന സാധ്യമാകും അപ്പോൾ ഉപാസിക്കുന്ന എന്തിനായിരിക്കും മനോമയമായ ഒന്നിനെ അതിനെ ഉപാസിക്കാൻ പറ്റും അത് ദേവനായാലും ദേവിയായാലും അതായത് ആദ്യ ആധ്യാത്മിക ഭാവമായ ശരി ധ്യേയും മനോമയമാണ് സങ്കല്പമയമാണ് അല്ലേ നമ്മൾ ദേവനെ ധ്യാനിക്കുന്നു സങ്കല്പത്തിൽ കണ്ടിട്ടല്ലേ വർണ്ണനകളിലൂടെ ഭാവനകളിലൂടെ കണ്ടിട്ടല്ലേ ധ്യാനിക്കുന്നു അല്ലാതെന്താ വർണ്ണനകൾ ഭാവനകളൊക്കെ എവിടെ നിൽക്കുന്നു മനസ്സ് മനസ്സിന്റെ ഒരു ഭാഗം അപ്പൊ മനസ്സിന്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം പിന്തുടരുന്നതാണ് ധ്യാനം എന്ന് പറയാം അല്ലാതെ മനസ്സിൽ നിന്നും പൂർണമായും വേറിട്ട അങ്ങനെ വേറിട്ട് പോയാൽ പിന്നെ മനസ്സിന് അവിടെ എത്താൻ പറ്റത്തില്ല എത്തോ വാച്ചോ നിവർത്തന്തി അപ്രാപ്തി മനസ്സാ സഹ മനോമയമായ ആ അതിനെ ധ്യാനിക്കാം സത്യദാനന്ദത്തെ ധ്യാനിക്കാം മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആ സത്യദാനന്ദ അതുകൊണ്ടാണ് പറഞ്ഞ് വിഷയീക്രിയമാണ് ഇവ അതുപോലെ വിഷയമാക്കുന്നത് പോലെ വിഷയമാക്കുന്നില്ല മനസ്സിനൊരിക്കലും വിഷയമാക്കാൻ കഴിയില്ല പക്ഷേ ധ്യാനിക്കുന്നതിന് അതിനെ വിഷയമാക്കണമെന്നില്ല ആ പരമാർത്ഥ തത്വം വിഷയമായിട്ടുള്ള അതിനെ ധ്യാനിക്കുന്നു അത് സദാ നിർവിഷയം തന്നെ പക്ഷേ നിർവിഷയമായിരിക്കുന്നതിന് വിഷയീക്രിയമാണി വിഷയമാക്കിയതുപോലെ എന്നിട്ടും മനസ്സാണ് പിന്തുടരുന്നു ഈ സച്ചിദാനന്ദം അത് സങ്കല്പത്തിലാണ് അതിന്റെ വാച്യഭാവമാണ് കൈത്തരി പുനിഷത്തിന്റെ ഭാഷ ഭാഷകാരൻ അത് വ്യക്തമാക്കും നമ്മുടെ മനസ്സിന്റെ വെറും വാച്യഭാവമാണ് സച്ചിദാനന്ദ അതിനാണ് നമ്മൾ ധ്യാനിക്കുന്നത് ലക്ഷ്യത്തെ അല്ല ലക്ഷ്യത്തെ ധ്യാനിക്കാനൊക്കെ കാരണം മനസ്സിനവിടെ എത്തിക്കൊടാൻ കഴിയത്തില്ല ഇവിടെ തത്വത്തെ ശ്രവിച്ചു തത്വത്തെ ശ്രവിച്ചിട്ട് അവിടെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്തോ ഒന്നും അത് സംഭവിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് അധികാരിത്വത്തെ കുറിച്ച് ചെയ്യുന്ന വരുന്നത് എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല പറയുന്നത് നീ അധികാരിയാണ് അവസാനം അത് പറഞ്ഞാൽ നിർത്തുന്നു തപസ്സിനെ കുറിച്ചും മറ്റും പറയുന്നു എന്നാൽ പിന്നെ നിനക്ക് പറ്റിയ ഏതാണ് നിന്റെ മനസ്സിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാത്തമായ അതിനെ സംബന്ധിച്ചുള്ള ഭാവനകളെ പിന്തുടരുക അതാണ് ധ്യാനം അത് ആവിശ്യമാണെങ്കിലും അതിനെ വിഷയമാക്കിയതുപോലെ ചിന്തിക്കുക ധ്യാനിക്കുക ഏകാഗ്രമായ മനസ്സ് അതിന് പിന്തുടരുക അത സാർ ഏഷ ബ്രഹ്മണോ അധ്യാത്മാദേശോ അതാണ് ബ്രഹ്മത്തിന്റെ അധ്യാത്മാദേശം ആധ്യാത്മികമായ ഉപാസന ഒരു ജീവന് ജീവനിഷ്ഠമായ ധ്യാനം അതാണ് തന്റെ ഉള്ളിൽ തന്നെ തന്റെ മനസ്സ് തന്നെ ഭാവന ചെയ്യുന്ന ആ സച്ദാനന്ദത്തെ തുടർ ഭാവന ചെയ്യുക അതാകാമല്ലോ അതൊരു പ്രായോഗികമായ അനുഷ്ഠാനത്തെ നിർദ്ദേശിക്കുന്നു ദേവിയെയും ദേവനെയൊന്നും അങ്ങനെ ഭാവന ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഇങ്ങനെയാകാം അതുകൊണ്ട് രണ്ടും പറഞ്ഞു വിദ്യുനിമേഷണവത് അതിദൈവതം പ്രകാശനധർമ്മി അധ്യാത്മഞ്ചാലി വിത്യേഷാവശ്യ രണ്ട് തരത്തിൽ ഒന്ന് അധി ദൈവം ദുരിതം പ്രകാശനധർമ്മി ആ മിന്നലിന്റെ ദുരിതപ്രകാശ പോലെ അതിലൂടെ എന്തെല്ലാം ഗുണങ്ങളും നമുക്ക് ആ പരമാർത്ഥ തത്വത്തിൽ ആരോപിക്കാമോ സങ്കല്പ്പിക്കാമോ അതെല്ലാം സങ്കല്പിച്ച് തന്നെ ധ്യാനിക്കുക സൃഷ്ടിസ്ഥിതി വർത്താവായി പറയുന്നതാണ് ഈശ്വരൻ സൃഷ്ടിസ്ഥിതി കർമ്മങ്ങൾ ചെയ്യുന്നത് ജീവന്റെ ശ്വാസ നിശ്വാസങ്ങളെപ്പോലെയാണ് യത്നം അവിടെ ആവശ്യമുണ്ട് ശ്വാസ നിശ്വാസങ്ങൾക്ക് ജീവൻ യജ്ഞം ആവശ്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ടല്ല അത് ചെയ്യുന്നു അപ്പോൾ എന്താണത് അനായാസത അനായാസത ഇവിടെ സംഭവിക്കത്തുള്ളു പാരമൈശ്വര്യം പരമമായ ഐശ്വര്യം നിലനിൽക്കുന്ന സംഭവിക്കത്തുള്ളൂ അപ്പോൾ ജഗത്കർത്താവ് പരമേശ്വരനാണ് പരമമായ ഐശ്വര്യത്തോടുകൂടി ഇവനാണ് അനായാസമായി ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് അതാണ് ഈശ്വരൻ അങ്ങനെ ഒന്നിനെ ഈശ്വരനായി അംഗീകരിക്കാൻ മനസ്സ് തയ്യാറാകും അതേ ജീവന് ബോധ്യപ്പെടും അതാണ് ഈ ദുരിതം പ്രകാശനം ധർമ്മി എന്ന് പറയുന്നത് ആ ദുരിത ഭാവം എവിടെ വരുന്നു അത് സർവജ്ഞനും സർവശക്തനും ആയിരിക്കുന്ന ഈശ്വരൻ അങ്ങനെ ഭാവിക്കുക അല്ലെങ്കിൽ അധ്യാത്മിച്ച മനോഹർത്തിയ സമകാല അഭിവ്യക്തി ധർമ്മി അധ്യാത്മം മനസ്സിന്റെ ഈ പ്രത്യയങ്ങൾ മനസ്സിന്റെ പരിണാമങ്ങൾ മനസ്സിന്റെ വൃത്തികൾ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ പ്രതിഫലനത്തിന് കാരണമായിരിക്കുന്നെന്തോ അതിനെ അറിയപ്പെടുന്നതിലൂടെ അറിയപ്പെടാത്തതിൽ എത്തിച്ചേരാനുള്ള ശ്രമം ഇതാണ് ആദേശം ഉപദേശം വൈദികമായ ഉപദേശങ്ങൾ ഉപാസനയ്ക്കുള്ള ഉപദേശങ്ങൾ ഇതാണ് മന്ദബുദ്ധിഗമ്യം ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉപാസനകളെ പിന്തുടർന്നു കഴിഞ്ഞാല് ഈ പറയുന്ന പരമാത്മതോ മനസ്സോ മനോയവാചം ശ്രീത്രം ഇന്നെ നാം പറഞ്ഞിരിക്കുന്ന ഈ ബ്രഹ്മം മന്ദബുദ്ധിഗമ്യം മന്ദബുദ്ധിഗമ്യമാകത്തുള്ളൂ മന്ദബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മനസ്സിന് ദോഷങ്ങളുള്ളവർ തത്വഗ്രഹണത്തിന് സാമർഥ്യം കുറഞ്ഞവർ എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മുടെ സാധാരണ മന്ദബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ല മനോമാലിന്യങ്ങൾ കൊണ്ട് തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവർ അങ്ങനെയുള്ളവർക്ക് ഇത് ഗമ്യമാകണമെങ്കിൽ ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം ഈ പറഞ്ഞ ഉപാസനകളെ സ്വീകരിക്കുക ഭവതീതി ബ്രഹ്മണ ആദേശോപദേശ ബ്രഹ്മത്തിന്റെ ഉപാസനയ്ക്കുള്ള ഉപദേശങ്ങൾ ഇവിടെ പറഞ്ഞു അതുകൊണ്ടൊരാൾക്ക് തത്വഗ്രഹണ സാമർഥ്യമില്ലെങ്കിൽ വേണ്ട ഉപാസന ആയാലും മതി ധ്യാനിച്ചാൽ മതി നഹി നിരുപാധികമേവ ബ്രഹ്മ മന്ദബുദ്ധിപേർ ആകലയിതും ശക്യം നിരുപാധികമായ ബ്രഹ്മത്തെ മന്ദബുദ്ധികൾക്ക് സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല നിരുപാധികമായ ആ ബ്രഹ്മം ബുദ്ധിദോഷമുള്ളവരുടെ ഉള്ളിൽ നിർപേക്ഷമായി പ്രകാശിക്കത്തില്ല അതുകൊണ്ടങ്ങനെ പറയുന്നു ശ്രുതി അതിനെ നിരപേക്ഷമായി ബോധിപ്പിക്കുന്നു ഈ ഗുണങ്ങളൊന്നുമില്ലാതെ ഈ ഉപാസന പദ്ധതികളൊന്നുമില്ലാതെ തത്വനിഷ്ഠമായി അതിനെ ബോധിപ്പിക്കുന്നു പ്രകാശിപ്പിക്കുന്നു പ്രകാശിപ്പിക്കാൻ വേണ്ടി ശ്രുതി ശ്രമിക്കുന്നു സത്മസി അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ എന്നെല്ലാം പറയുന്നിടത്ത് തന്നെ ഇത് തന്നെ ചെയ്തു അതിനുള്ളിൽ പ്രകാശിക്കണം അതിനുള്ള സക്ഷമല്ലെങ്കിൽ എങ്ങനെ അതിനുള്ളിൽ പ്രകാശിക്കും ഉള്ളു തന്നെ അതിനെ തടയുന്നുണ്ടെങ്കിൽ ആവശ്യപ്പുറയും ബുദ്ധിമാന്ദ്യം അതൊരു ബുദ്ധി തരത്തിലുള്ള ബുദ്ധിയാണ് ഇപ്പം ഭൗതികമായി എത്ര ബുദ്ധി സാമർഥ്യമുള്ളവനായാലും ബുദ്ധി സാമർഥ്യം എന്നൊരു ഒരിക്കലും നമ്മുടെ ഗ്രഹണ സാമർഥ്യമുണ്ട് ഗ്രഹണധാരണയ്ക്കുള്ള സാമർഥ്യമല്ലാതെ ഗ്രഹണധാരണ സാമർഥ്യമുള്ളവനും മന്ദബുദ്ധിയാണ് ഒരുപാട് അറിയാനും അറിഞ്ഞതിനെല്ലാം മനസ്സിൽ ഓർമ്മിച്ച് വയ്ക്കാനും കഴിവുള്ളവനും മന്ദബുദ്ധിയാണ് ഇവിടെ ഒരുപാട് പഠിപ്പുള്ളവനും മന്ദബുദ്ധിയാണ് സർവശാസ്ത്രങ്ങളും ഗ്രഹിച്ച് എല്ലാം തന്റെ കലകളിൽ ഒതുക്കിയിരിക്കുന്നവനും ഇവിടെ മന്ദബുദ്ധിയാണ് ഈ തത്വം പ്രകാശിക്കുന്നതിന് ഉള്ള ബുദ്ധിയിലുള്ളവൻ എത്ര ബുദ്ധിമാനായാലും ശരി ഇവിടെ മന്ദബുദ്ധിയാണ് ആ മന്ദബുദ്ധികൾക്ക് ആക്കലയിതും ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതിനും ഉള്ളിൽ ആ ബ്രഹ്മത്തിന്റെ പ്രകാശം നിരുപാധികമായി പ്രകാശിക്കുന്നതിനും സൂര്യൻ നിരുപാധികമായി പ്രകാശിക്കുന്നതിനും മേഘങ്ങളു തടസ്സം സൃഷ്ടിക്കുന്നു മനോമാലിന്യങ്ങൾ ഏതൊരാത്മസൂര്യപ്രകാശത്തിനാണോ തടസ്സമായിരിക്കുന്നത് അത് മന്ദപക്തി അത് മാറണം ആ മേഘങ്ങളുടെ മറവ് മാറണം അങ്ങനെ മാറാത്തവന് ഈ പറഞ്ഞ പ്രതിബോധ വിചിതമായിരിക്കില്ല ഇത് അതിനുവേണ്ടി ഉപാസനയെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഭാഷകാരൻ പറയുന്നത് ആത്മധ്യാനത്തെ പറഞ്ഞിരിക്കുന്നു സഗന ഈശ്വരധ്യാനത്തെയും പറഞ്ഞിരുന്നു അധ അധ്യാത്മം എത്തോ അനേത് ഉപസ്മരതി അഭീഷണം സങ്കൽപ്പ അപ്പോൾ ശ്രുതി സർവത്തെയും അംഗീകരിക്കുന്നു എല്ലാ ഉപാസനകളെയും ആത്മധ്യാനമായാലും ഈശ്വരധ്യാനമായാലും നിർഗുണ തത്വഗ്രഹണമായാലും എല്ലാത്തിനെയും അംഗീകരിക്കുന്നു ശ്രുതി അത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ അദ്വൈതവും അതിനെ പ്രസിദ്ധീകരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് വീണ്ടും പറയുകയാണ് അദ്വൈതൊന്നും എതിരായ കാര്യമില്ല നമ്മുടെ താൽപ്പര്യങ്ങൾ പലപ്പോഴും പലതിനെ എതിരായിരിക്കും പലതിനെ അനുകൂലിക്കും പക്ഷെ അദ്വൈതം അങ്ങനെ അല്ല അതുകൊണ്ട് വീണ്ടും മറ്റൊരു വാസനെ കുറിച്ച് പറയുന്നു തദ്വനം നാമ തദ്വനം ഇത്യുപാസിതവ്യം സേദൈവം വേദാഭി േനം സർവാണി ഭൂതംച്ചു തദ്വനം നാമ ആ ബ്രഹ്മത്തിനൊരു തദ്വനം വനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാടാണ് ഇവിടെ വനം എന്ന് പറഞ്ഞാൽ അതല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് വൈദിക പശ്ചാത്തലത്തിലാണ് ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നത് വൈദിക ധർമ്മ അനുഷ്ഠാനത്തിലിരിക്കുന്നവർക്ക് ഇതിന്റെ ഭാഷ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കിതെന്തോ കാടിനെ കുറിച്ച് പറയുകയാണ് എന്ന് തോന്നിപ്പോ നമ്മുടെ മനസ്സ് തന്നെ അല്ലെങ്കിൽ ഇതെന്ത് ഉപാസനയാണ് ഇതിലൊരു വൈചിത്രം നമുക്ക് തോന്നും ഇതിപ്പോ വിചിത്രമായ കാര്യങ്ങൾ പറയുകയാണ് അതിലൊരു അപൂർവത തോന്നും ഒരു പരിചയമില്ലായ്മ അപ്പൊ ഇത് പരിചയമുള്ളവർക്ക് വേണ്ടി ഉപദേശിച്ചാണ് ഇങ്ങനെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഉപദേശിച്ചത് അതുകൊണ്ടാണ് അത് തോന്നുന്നത് എന്താ അസംബന്ധങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു തദ്ത തദ്വനം നാമ തദ്വനമെന്ന് പറയുന്ന ഒരു നാമമുണ്ട് ഗുണമുണ്ട് അതിന് തസ് വനം തദ്വനം തസ് പ്രാണിജാതെ പ്രത്യേകാത്മഭൂതത്വനീയം സംഭജനീയം അധ തദ്വനം സർവപ്രാണികളുടെയും പ്രത്യേകാത്മാവായിരിക്കുന്നു സർവപ്രാണികൾക്കും അത് വനനീയമായിരിക്കുന്നു ഭജനീയമായിരിക്കുന്നു വനം എന്നുപറഞ്ഞാൽ വനനീയം എന്ന് പറഞ്ഞാൽ ഭജനീയം സർവപ്രാണികൾക്കും ഭജനീയമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ സർവരും ഇതിനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു സർവപ്രാണികളും തൻ്റെ ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിരിക്കുന്ന ഈ സച്ചിദാനന്ദ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു അറിയാതെയായിരിക്കും സർവ്വജീവന്മാരും ഇതിന് പിറകിലാണ് ആ സച്ചിദാനന്ദത്തെയാണ് തേടുന്നത് ആ സച്ചിദാനന്ദ തന്നെയാണ് നേടുന്നത് സർവർ അറിയാതെയായിരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ചെറുത് പറയുന്നു തദ്വനം നാമ പ്രഖ്യാതം ബ്രഹ്മ അതുകൊണ്ടാണ് ക്ലേശ്വർജീവനെ തദ്വനം എന്ന് പറഞ്ഞത് സർവരും ഭജിക്കുന്നത് അന്വേഷിക്കുന്നത് സർവരും പ്രാപിക്കുന്നത് എന്തിന് സാക്ഷാത്കരിക്കുന്നത് സർവജീവന്മാര് സദാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ തന്നെ ആ എല്ലാ അർത്ഥങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് അതിനൊരു പേര് പറഞ്ഞത് തദ്വനം നാമ പ്രഖ്യാതം ബ്രഹ്മ അത് പ്രസിദ്ധമെന്ന് പറഞ്ഞാൽ പോരാ സർവപ്രസിദ്ധമാണോ വളരെ പ്രസിദ്ധമായ ഒന്നാണ് സച്ചിദാനന്ദത്തെ പോലെ പ്രസിദ്ധമായി മറ്റൊന്നും നമുക്ക് പ്രസിദ്ധമായിരിക്കുന്ന എന്താണ് നാമരൂപങ്ങളാണോ പ്രസിദ്ധമായിരിക്കുന്നത് ശരിയാണ് നാമരൂപങ്ങൾ പ്രസിദ്ധമായിരിക്കുന്നു ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ പ്രസിദ്ധമായിരിക്കുന്നു പക്ഷെ അതൊന്നും പ്രഖ്യാതമല്ല എന്തുകൊണ്ട് ഈ ശബ്ദസ്പർശ നാമരൂപങ്ങളിലൂടെയെല്ലാം പ്രസിദ്ധമായിരിക്കുന്നു ഇതെല്ലാം പ്രസിദ്ധപ്പെടുത്തുന്ന മറ്റൊന്നുണ്ട് അതാണ് ബ്രഹ്മ ഇതെല്ലാം ആ ബ്രഹ്മത്തിന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ് എങ്ങനെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നാമരൂപങ്ങളെ അറിയുന്നു ഒരു കാര്യം മാത്രം ശബ്ദസ്പർശങ്ങളെ അറിയുന്നു അറിയുന്ന നാമരൂപങ്ങൾ നാനാരൂപത്തിലൂടെ ഈ നാമരൂപങ്ങൾ ആ നാമരൂപങ്ങളെക്കാൾ വ്യക്തവും പ്രസിദ്ധവുമാണല്ലോ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഏകരൂപത്തിലിരിക്കുന്ന ചിത് അറിവ് നാമരൂപങ്ങൾക്ക് അത്രത്തോളം പ്രസിദ്ധിയില്ല കാരണം എന്തുകൊണ്ട് അതിന് പ്രസിദ്ധിയും അപ്രസിദ്ധിയും എല്ലാം വരും ശബ്ദത്തെ അറിയുന്നത് രൂപത്തെ അറിയുന്നതിന്റെ ഭാവങ്ങൾ മാറി മാറിപ്പോ ശബ്ദം രൂപം രസം ഗന്ധം സ്പർശം എന്നിങ്ങനെ അതിങ്ങനെ മാറി മാറി മാറിപ്പോ അവക്കല്ല എന്താ പ്രസിദ്ധിയുള്ളത് മാറിപ്പോകുന്നവയ്ക്ക് ഒന്ന് സ്ഥായിയായിരുന്നാലേ അതിന് എപ്പോഴും പ്രസിദ്ധമായിരിക്കാം നിരന്തരം മാറുന്ന ഇവയ്ക്ക് ഇങ്ങനെ പ്രസിദ്ധി വരുന്നത് അത് നിരന്തരം മാറുന്ന ഇവയും പ്രസിദ്ധങ്ങളാണ് അതിനേക്കാളും എന്തായാലും പ്രസിദ്ധമാണ് ഈ നിരന്തരം മാറുന്ന നാമരൂപങ്ങളിൽ മാറാതെ ഇരിക്കുന്നു ഇതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരും പറഞ്ഞു ഇതിന്റെ പ്രതിഫലനമാണ് ബുദ്ധിയിലുള്ള പ്രതിഫലനമാണ് ആ പ്രതിഫലനം സ്ഥായിരിക്കുന്നു അതാണല്ലോ പ്രഖ്യാതമായിരിക്കുന്നു അപ്പൊ പ്രപഞ്ചത്തെക്കാൾ പ്രസിദ്ധമായിരിക്കുന്നത് സ്പഷ്ടമായിരിക്കുന്നത് ബ്രഹ്മമാണ് സദാ സൃഷ്ടിസ്ഥിതി നാശങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനൊരു സ്ഥായിയായ പ്രസിദ്ധി ഉണ്ടാകത്തില്ല പ്രസിദ്ധി ഉണ്ടാവാതെ ഇല്ലാതായി പോകും അതിന് വിധേയമല്ലാത്ത ഈ ചിത്ത് സത്ത് ആനന്ദമെല്ലാം അതിനേക്കാൾ എത്രയോ പ്രസിദ്ധമാണ് ആനന്ദത്തെക്കാൾ പ്രസിദ്ധമായി മാറ്റുന്നെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചാനുഭവത്തിൽ സർവജീവി സാധാരണമായിരിക്കുന്നല്ലേ ആനന്ദം അങ്ങനെ ഓരോന്നും ചിന്തിക്കുമ്പോൾ എന്താണ് പ്രഖ്യാതം ബ്രഹ്മ അത് പ്രഖ്യാതമാണ് തത് സർവരും ഭജിക്കുന്നതാണ് തദ്വനമിതി യഥത്തസ്മാദ്വനമിതി അനേനൈവ ഗുണാഭിതന ഉപാസിത ഗുണാഭിധാനം ഈ ഗുണത്തെ എല്ലാം വെളിപ്പെടുത്തുന്ന ഈ നാമത്തിലൂടെ അതിനുപാസിക്കൂ ചിന്തനീയം ഉപാസന എന്ന് പറഞ്ഞ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് ചിന്തയാണ് ചിന്തനീയം അങ്ങനെ ചിന്തിക്കണം സാധാരണ ചിന്തയല്ല ഏകാഗ്രമായ ചിന്ത അതിന് മാത്രം ചിന്തിക്കുന്ന ചിന്ത അതുകൊണ്ടിവിടെ ശ്രുതി ഒരു പേര് കൊടുത്തത് ബ്രഹ്മത്തിന് തദ്വനം അതിന്റെ ഗുണത്തെ വെളിപ്പെടുത്തുന്ന ഒരു നാമം ബ്രഹ്മം ആത്മാവ് എന്നെല്ലാം പറയുന്നത് പോലെ മറ്റൊരു നാമം നമുക്ക് പരിചയമുള്ള അർത്ഥത്തിലല്ലെന്നേ അതുകൊണ്ടാണ് വൈദികമായ ശബ്ദങ്ങൾ നമുക്ക് അപരിചിതമാണ് അനേന നാമന ഉപാസിത ഫലമാഹ അങ്ങനെ ഉപാസിക്കുന്നു ഇത് വൈദിക ഉപാസന ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു തദ്വനമിത്യുപാസിതവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഹേ രാമ ഹേ കൃഷ്ണ എന്നെല്ലാം സങ്കല്പിക്കുന്നത് അതുപോലെ വൈദികമായി ഈ പരമാത്മ തത്വത്തെ സങ്കല്പിക്കുന്നതിനുള്ള ഒരു നാമമാണ് തദ്വനം നമുക്ക് പരിചയമുള്ളതല്ല കാരണം നമുക്ക് വൈദിക സംസ്കാരമില്ല നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ഈശ്വരനെ തദ്വനമൊന്നും സ്മരിച്ചിട്ടില്ല അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ചെയ്തുവരും വേറെ നല്ല ഒരു പേര് കിട്ടിയില്ലെങ്കിൽ അനേന ഉപാസന ഉപാസന ഉപാസന ഉപാസന ഫലമാണ് ഈ നാമത്തിലൂടെയുള്ള ഉപാസനയുടെ ഫലം സിനം യഥോക്തം ബ്രഹ്മം യഥോക്ത ഗുണം വേദോപാസ് ഈ ഗുണത്തോടു കൂടിയ പരമാത്മാവിനെ ഈ നാമത്തോടു കൂടി ഉപാസിക്കുന്നവൻ ഉപാസകം സർവാളും അവനോട് പ്രാർത്ഥിക്കുന്നു എങ്ങനെയാണോ സർവപ്രാണികളും ആ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുന്നത് അവനെ എങ്ങനെയാണോ സർവപ്രാണികളും ആ ബ്രഹ്മത്തെ അർത്ഥിക്കുന്നത് അതുപോലെ എന്നുവെച്ചാൽ പിന്നെ അവൻ ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല ബ്രഹ്മത്തെ അർത്ഥിക്കാന്ന് പറയുന്നത് അവനെ അർത്ഥിക്കുകയാണ് ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുക പറയുന്നത് അവനോട് പ്രാർത്ഥിക്കുകയാണ് അതാണ് അല്ലാതെ അതിന്റെ ഭൗതികമായ അർത്ഥമല്ല ഇങ്ങനെ ഉപാസിക്കുന്നവൻ്റെ മുമ്പിൽ സർവരും വന്ന് ദണ്ഡ നമസ്കാരം ചെയ്യുമെന്നല്ല പറയും അവനെ സർവരും വന്ന് സ്തുതിക്കും എന്നല്ല പറയുന്നു അവൻ ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടല്ല സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചടി എന്ന് പറയുന്നത് അപ്പോ എല്ലാ നമസ്കാരങ്ങളും അവന് തന്നെ എത്തിച്ചേരുന്നു സർവപ്രാർത്ഥനകളും അവന് തന്നെ എത്തിച്ചേരുന്നു അവനെ ഒരാൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും അലങ്കരിക്കുകയും ആരാധിക്കേണ്ട ആവശ്യമില്ല സർവാരാധനകളിലും അവന് തന്നെ എത്തിച്ചേരുന്നു സർവസ്തുതിപാഠങ്ങളും അവൻ തന്നെ ഏറ്റുവാങ്ങുന്നു എന്തുകൊണ്ട് അവൻ സർവാന്തര്യാമിയായ ആ തത്വം തന്നെ അവനെ തന്നെയാണ് ഭജിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശേഷിച്ച് കുറെ ഭക്തന്മാരുടെ കാര്യം പറയുകയാണ് അങ്ങനെയുണ്ട് ഇത് സർവരും ഭക്തനെന്നോ ഭക്തിയില്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞല്ലോ സർവപ്രാണികളും സർവാണി ഭൂത്താനി മനുഷ്യൻ മാത്രമല്ല സർവഭൂതങ്ങളും സർവ്വപ്രാണികളും ആത്യന്തി അതിനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് വേറിതിരിക്കാൻ വയ്യ അവൻ ഭൗതികനാണോ ലൗകികനാണോ മനുഷ്യനെ വേണമെങ്കിൽ വേർതിരിക്കാം സർവ്വപ്രാണികളെ എങ്ങനെ വേർതിരിക്കും അവൻ ഈശ്വരവാദിയാണോ നിരീശ്വരവാദിയാണോ എന്നൊക്കെ എങ്ങനെ വേർതിരിക്കും അവൻ ഗുരുത്വമുള്ളവനാണോ ഇല്ലാത്തവനാണോ എങ്ങനെ നമ്മൾ വേർതിരിക്കും അത് കഴിയില്ല പക്ഷേ ഇവിടെ പറഞ്ഞു എന്താണ് സംഭജനീയം തസ്യ പ്രാണിജാത പ്രത്യേകാത്മഭൂതത്വ സർവപ്രാണികളുടെയും അവൻ പ്രത്യേകാത്മാവായിരിക്കുന്നു അതുകൊണ്ട് സർവപ്രാണികളും അതിനെ തന്നെ ഭജിക്കുന്നു ഇവിടെ ഈ വൈദികമായ ഉപാസനയെ സ്വീകരിക്കുന്നവൻ അവൻ സർവഭൂതങ്ങളുടെയും പ്രത്യേകാത്മാവായി തന്നെ ഇരിക്കുന്നു അവൻ സർവഭൂതങ്ങളുടെയും ആ ഭജന അതവനിൽ തന്നെ എത്തിച്ചേരുന്നു അവൻ ആ പരമാത്മ തത്വത്തോട് ഏകീഭവിച്ചിരിക്കുന്നു അതാണ് എന്റെ താല്പര്യം സർവ്വപ്രാർത്ഥനകളും അവനെ തന്നെ എത്തിച്ചേരുന്നു അതാണ് അഭിവാൻ പ്രാർത്ഥിയന്തേവ യഥാബ്രഹ്മ പറഞ്ഞു എങ്ങനെയാണ് സർവ്വപ്രാർത്ഥനകളും ആ ബ്രഹ്മത്തിലെത്തിച്ചേരുന്നുവാസകന്റെ ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു അപ്പ അത് വൈദികമായ ഉപാസനയെ പരിഷ്കരിച്ചിട്ടാണെന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ദേവീദേവ ഉപാസനകളും ഗുരു ഉപാസനയുമൊക്കെ അതിനെ പരിഷ്കരിച്ചാണ് അപ്പം ആ ഉപാസനകളും ആത്യന്തികമായി ആ പരബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരുന്നു എന്തുകൊണ്ട് ആ ദേവി ദേവന്മാരും ഗുരുക്കന്മാരും അല്ലാതെ തത്സ്വരൂപങ്ങൾ പരമാത്മ സ്വരൂപം തന്നെ അപ്പം അവർക്ക് പ്രത്യേകിച്ച് ഭക്തന്മാരുടെ ആവശ്യം എന്തുകൊണ്ട് സർവപ്രാണി സമൂഹവും അവരെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് അത് ബ്രഹ്മസ്വരൂപികളാണ് സർവ്വ ഭജനകളും അവിടെ തന്നെ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സർവ്വപ്രാണികളും അവരെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഭേദമില്ല യഥാബ്രഹ്മ എങ്ങനെയാണോ ആ പരമാത്മതത്തിൽ എല്ലാ പ്രാർത്ഥനകളും എത്തിച്ചേരുന്നതുപോലെ ഉപാസകനിലും സർവ്വ പ്രാർത്ഥനകളും എത്തിച്ചേരുന്ന യുദോ വിദ്യുതാമീഷിതൈവതം അഥ അധ്യാത്മം എത്തനോ അനേന ചേത് ഉപസ്മരതി तद्वनं नामा ീഷണം സങ്കൽപ്പ തനംിതൃം സേദവേദി യനു സർവാണി ഭൂതം